ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നത് മൂല ഡോഗ്രി രചന നരസിംഗ് ദേവ് ജാംബാൽ ഹിന്ദി പരിഭാഷ രമേശ് മേത്ത മലയാള വിവർത്തനം സത്യനാഥ് രാമനാട്ടുകര സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ വിശ്വൻ നന്മണ്ട ടി സുരേഷ് മണിയൂർ ദേവി സി ടി കബീർ പി കെ നിഷാന്ത് എം ടി ശ്രീകേഷ് പ്രജീഷ് കരുമല ഹാഫീസ് മുഹമ്മദ് ബിൻ ഹസ്സൻ പി എസ് ഗോപാലകൃഷ്ണൻ മനോജ് കുമാർ ജസ്സി സുബാബു ദിവ്യശ്രീ മൂർഖൻകുണ്ട് ഓരോരുത്തർക്കും ശരിയെന്നു തോന്നുന്നത് നാടകം നിന്റെ തീരുമാനം ഇത് ഇത് ഇത് ലെവലായ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നീ പറയുന്നത് ഇവിടെ ഈ വന്ന കൂടി ഇത്രയും പേർ അവരൊക്കെ വെറും വീട്ടികളാണോ അതൊന്നും എനിക്കറിയില്ല ഞാൻ ഈ വലിയ റിസ്ക് എടുത്ത് ഇവിടെ വന്നത് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് വേണ്ടി അതെ നിനക്ക് വേണ്ടി എന്തിനാണെന്ന് അറിയാമോ കൂടുതലൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ധൃതി പിടിച്ചെടുത്ത നിന്റെ ഈ തീരുമാനം ചിലപ്പോൾ ചിലപ്പോൾ അവസാന നിമിഷം നീ ഇല്ല സാധിക്കേ ധൃതി പിടിച്ചെടുത്തൊരു തീരുമാനമല്ലേ ഇത് ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനം പറിക്കെ ആത്മാർത്ഥമായിട്ട് പറയും എല്ലാം മറന്നുള്ള ഈ ഓട്ടപ്പാച്ചില് നമ്മൾ എന്താ ഇതുവരെ നേടിയത് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റിയ സ്ഥലല്ല ഈ തിരക്കിനപ്പുറത്ത് മാറിയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ ഇവിടെ എത്തിച്ചേർന്ന സുമനസ്സുകളെ ഇന്നത്തെ ദിവസം നമുക്കെല്ലാം വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ ശുഭവേളയിൽ ഞാൻ ആദ്യമായി ആ ധീര യുവാക്കളെ സ്വാഗതം ചെയ്യുകയാണ് ിക്കുക തോക്കിന്റെയും മാരകായുധങ്ങളുടെയും മാർഗം ഉപേക്ഷിച്ച് നേരായ സമത്വസുന്ദരമായ മുഖ്യധാരയിലേക്ക് തിരിച്ചുവരാനുള്ള മഹത്തായ ആ തീരുമാനമെടുത്തത് അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിലും ഞാൻ പങ്കുചേരുകയാണ് അവരുടെ മക്കൾ ഈ രാജ്യത്തിനകത്തുള്ള വിഘടനവാദികളുടെയും പുറമെ നിന്നുള്ള ശത്രുക്കളുടെയും ചങ്ങലക്കുരുക്കുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അർത്ഥമാക്കുന്നത് അല്പം വൈകിയാണെങ്കിലും എല്ലാം ശുഭകരമായി പര്യവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് നമ്മുടെ കർത്തവ്യം ഈ ചെറുപ്പക്കാരെ പുഞ്ചിരിയോട് മാറോടണയ്ക്കുക അവർക്ക് അഭിമാനത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുക എന്നതാണ് വേറൊരു ഒരിക്കലും നടക്കാത്ത പരക്കം നിരപരാധികളുടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പൊന്നുമക്കൾക്കായി നമ്മുടെ വാതായനങ്ങൾ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ് എനിക്കുറപ്പും ചെയ്തുപോയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ശിക്ഷയെ ഭയന്ന് ഒളിച്ചു ഈ അവസരം പാഴാക്കാതെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാനുള്ള ഉറച്ച തീരുമാനമെടുക്കുമെന്ന് ഇവിടെ സറണ്ടർ ചെയ്യാനായി വന്നവരോടെല്ലാം ഞാൻ അപേക്ഷിക്കുക ഓരോരുത്തരായി മുന്നോട്ട് വന്ന് നിങ്ങൾ കൂടെ കൊണ്ടുവന്ന ആയുധങ്ങൾ ഈ മേശപ്പുറത്ത് നിക്ഷേപിച്ച് ബഹുമാന്യനായ നമ്മുടെ ഡി സാറിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക സാധിക്കേ നോക്ക് നോക്കടാ കണ്ട നീ എത്ര ഉഷാറായിട്ടാ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് വന്ന് സറണ്ടർ ചെയ്യുന്നത് അതാ രണ്ടാമനും ഞാനേ എണ് കാര്യമല്ല സാധിക്കാ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഈ വരുന്നവരുടെ തീരുമാനം തെറ്റാണെന്നാണോ ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നില്ല എന്ത് ബോസ് വെറുമൊരു റിങ് മാസ്റ്റർ നിറതോക്ക് ചൂണ്ടി നമ്മളെ കുട്ടിക്കുരങ്ങന്മാരെ പോലെ ഡാൻസ് ചെയ്യിക്കാൻ അറിയാം പോലീസിന്റെ തോക്കിനിരയാവാൻ മാത്രം നമ്മളെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി നിർത്തും രക്ഷപ്പെട്ട നമ്മുടെ ഭാഗ്യം ചത്താലോ നമ്മുടെ വിധി ശരി ശരി ശരി നിന്റെ ഇഷ്ടം പോലെ ഞാൻ പോട്ടെ ഞാൻ സറണ്ടർ ചെയ്യുന്നത് കണ്ടിട്ട് നീ പോകാവോ ഒരു നാളെ നിന്റെ കാര്യത്തിലും ഒരു തീരുമാനം അത് സഹായിച്ചെങ്കിലോ താങ്ക്സ് വെരി വെരി താങ്ക്സ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ ഉറച്ചു എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലാൻ പറയ ഓക്കെ വെൽക്കം യങ് മാം അസ്സാം അങ്കിൽ വലൈക്കും മിസ്റ്റർ സലീം നിങ്ങൾ ഇയാളെ നേരത്തെ അറിയുമോ അറിയാം സർ ഇവൻ ഞങ്ങളുടെ ഹാജി സാഹിബിന്റെ മകനാണ് ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടവൻ ഗുഡ് ആശംസകൾ വെൽക്കമെഗൈ പുതിയൊരു ജീവിതത്തിലേക്ക് സ്വാഗതം ൊട്ട് ഞാന് ശ്രദ്ധിക്കുന്നുണ്ട് ആകെ മൊത്തം ഒരു പന്തില്ലായിക ആഴ്ചയും പറഞ്ഞ് ഡാഡി നമ്മളോടെന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എന്താ പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഞാൻ അൻവറോ ഏതൻ ിൽ സർക്കാരിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴ് വീട് കുടുംബത്തിന്റെ മൊത്തം മുൻമൂലം ആലോചിക്കുമ്പോ ചങ്കിടിക്കുന്നു പടച്ചോം വിധിച്ചത് നടക്കും അതല്ലേ നടക്കൂ മനുഷ്യന്മാർക്ക് അതിലെന്ത് പേടി ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സുമാറി ഇനി വീണ്ടും അവൻ വല്ല തെറ്റായ തീരുമാനങ്ങളും എടുക്കുമോന്ന നമുക്കെന്ത് ചെയ്യാൻ പറ്റും കുറച്ചെന്തെങ്കിലും സഹായം ചെയ്യാം കാര്യം പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ സ്നേഹവും സഹതാവോ ഉണ്ടാക്കാം ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂ രുലോചിക്കുന്നത് അവനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കണ്ടരോന്നാ ഹാജി സാഹിബിന്റെ ആത്മാവിനും ശാന്തിയും സമാധാനവും കിട്ടൂ നല്ല പഠിപ്പും വിവരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ വീണ്ടും അവൻ തെറ്റായ വഴിക്ക് പോവാതെ രക്ഷിക്കാനും പറ്റൂ നീ എന്തു പറയുന്നു വെട്ടാനായിട്ട് പാഞ്ഞു വരണ പോത്തിന്റെ മുമ്പില് ചെന്ന് നിക്കണം മനസ്സിലായില്ല അത് വെറുതെ ഭംഗിവാക്കി പറയല്ലേ സർക്കാരിന്റെ ചാരൻ ഇൻഫോമർ എന്നൊക്കെയുള്ള സംശയത്തിമലാ ഹാജി സാഹിബിന്റെ കുടുംബത്തിന് ഈ ഗതികേട് വന്നത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അങ്ങനെയുള്ള ഒരാളുടെ മകനെ കുടുംബത്തിൽ അഭയം കൊടുത്ത് വേണ്ടാത്ത മാറിനൊക്കെ വലിച്ചു തലയെക്കേറ്റ നേരം നല്ലത് ഞങ്ങളെ മൂന്നാളെയും അങ്ങട്ട് വെടിവെച്ച് കൊന്നോളി അതാ നല്ലത് നീ എന്തൊക്കെ പറയുന്നു എന്താ മമ്മി ഈടെ എന്തു പറഞ്ഞാലും തോക്കും വെടിവെച്ച് കൊല്ലലും മാത്രാണല്ലോ നിങ്ങളെ നീ ഇന്ന് കോളേജിൽ പോയില്ലേ കോളേജ് തന്നെയാ വരുന്നത് ഇന്ന് വീണ്ടും ഒരു ഹർത്താൽ ഹർത്താലോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഓ ഡാഡി ഇൻസ്റ്റന്റ് ഹർത്താലാ ഇപ്പോ കടകളൊക്കെ അടപ്പിച്ചിട്ടുണ്ടാവും എന്നാ വേഗം പോയി ഐഷാനെ തെരഞ്ഞു കൂട്ടിക്കൊണ്ടു വാ അതെത്തന്നല്ലോ ഞാനെന്താ അമ്മിഞ്ഞപ്പാല് കുടിക്കണ കൊച്ചു കുട്ടിയല്ലേ ഈ കാരണവര് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഇത്താത്ത പോ മോനെ ചക്കരെ അകത്തു പോ വീട്ടില് വലിയൊരു സംസാരിക്കുമ്പോ കൊച്ചു പിള്ളേർക്ക് ഇവിടെ സ്ഥാനമല്ല ഓ തുടങ്ങി രണ്ടും കൂടി ഐഷാ അഫ്സൽ പോയി കയ്യും കാലുമൊക്കെ കഴുകി വാ ചായ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ആ അങ്കിളോ വരൂ ഞാൻ ഇതുവഴി പോവുകയായിരുന്നു അപ്പോ നിന്നെ വന്നൊന്ന് കണ്ടേക്കാന്ന് വെച്ചു ഇവിടെ തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒരു ബുദ്ധിമുട്ടില്ല അങ്കിൾ അങ്കിൾ കാരണം എല്ലാവരും വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് ഒന്ന് രണ്ട് തവണ എസ് പിയും ഓഹോ പക്ഷെ അങ്കിൾ ഇനിയും ഇനിയും എത്ര ദിവസം ഞാൻ ഇവിടെ കഴിയേണ്ടി വരും സ്ക്രീനിങ് കമ്മിറ്റി ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ അവരുടെ റിപ്പോർട്ട് ഫോർവേഡ് ഈ കാര്യം സംബന്ധിച്ച് ഡി സി സാറുമായും മറ്റുയർന്ന ഉദ്യോഗസ്ഥന്മാരുമായെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിന്റെ ഈ നല്ല തീരുമാനത്തിൽ അവരെല്ലാം ഹാപ്പിയാണ് അങ് പടച്ചോന്റെ അംഗിളിന്റെ മനസ്സ് തുടർന്നുള്ള സഹായം ഈ കടപ്പാടൊന്നും ഞാൻ ജീവനുള്ള കാലത്തോട് മറക്കില്ലേ സ്വന്തക്കാർക്കിടയിൽ എന്ത് കടപ്പാടുള്ളൂ നിനക്കറിഞ്ഞൂടെ ഹാജി സാഹേബ് നിന്റെ പാപ്പ എനിക്കെന്റെ സ്വന്തം ബ്രദറിനെ പോലെയായിരുന്നു ആ സ്നേഹവും അവകാശവും എനിക്ക് തന്നിരുന്നെന്ന് പക്ഷേ ഇന്ന് എന്തെ എന്തെങ്കിലും നിർത്തിയത് കൂടുതൽ പറയാനുള്ള ശക്തി എനിക്കില്ല പോലെ ആ കാര്യമൊക്കെ ട്രെയിനിങ് കഴിഞ്ഞു പോരുമ്പോ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു കുറെ ശ്രമിച്ചു അവരെക്കുറിച്ചറിയാം അവരോട് പകരം വീട്ട പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല ഒടുവിൽ ഒരുപാട് ചിന്തിച്ചുറച്ചാണ് സറണ്ടർ ചെയ്യാനുള്ള തീരുമാനം ഞാൻ എടുത്തത് എന്ത് വന്നാലും ശരി അവരോടുള്ള കണക്കെനിക്ക് തീർക്കണം തീർക്കും ഞാനത് അൻവർ അതെയെങ്കിൽ എന്റെ ശരീരത്തിൽ ഓരോ അവയവവും തുടിക്കുകയാണ് പകരം വീട്ടാ അതുകൊണ്ട് ഇവിടെ കഴിയേണ്ടി വരുന്ന ഓരോ നിമിഷവും അൻവർ ഹാജി സാഹിബെന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ തന്റെ അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ചൊരു കാര്യമുണ്ട് നിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത് ഒരു കാര്യം അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് നീ തിരിച്ചു വരുമെന്ന് അതുകൊണ്ട് ഇനിയും തെറ്റായ വഴിക്ക് നീ പോകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇവിടുന്ന് വിട്ടാ നേരെ എന്റെ വീട്ടിലേക്കാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരിക്കലുമില്ലെങ്കിൽ അത് വേണ്ട എന്റെ വീടിന്റെ കരുനീഴൽ നിങ്ങളുടെ സുന്ദരമായ വീടിന്റെ മേൽ പതിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെനിക്ക് ഇഷ്ടമല്ലങ്കിൽ വിവരക്കേട് പറയല്ലേ മോനെ നിനക്കറിയോ അഫ്സലിനും ആയിഷയ്ക്കും നിന്റെ ആന്റിക്കുമെല്ലാം എത്രമാത്രം സന്തോഷമായിരിക്കും നീ വരുന്നതെന്ന് ഒന്ന് രണ്ട് ദിവസത്തെ താമസം കൂടി ആ എല്ലാം ശരിയാകും പൈഷ അഫ്സൽ മക്കളെ നിങ്ങളുടെ ദാഡിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ആ അൻവറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുതെന്ന് ഒന്ന് പറയേ എന്താ മമ്മി അൻവർ നമുക്ക് അന്യനാണോ നേരിട്ട് കേൾക്കാൻ ഒക്കെ നേരിട്ട് കാണാം അനുഭവിക്കാം അവരുടെ ദേഷ്യവും പകയും ഒക്കെ നമ്മളോട് തീർക്കുമ്പോ ഹാജി സാഹിബിന്റെ അനുഭവം കണ്ടിട്ടും ഈ മനുഷ്യനെ നേർബുദ്ധി ഉദിച്ചില്ലല്ലോ എൻറെ ഞാൻ ഇവിടെ കിടന്ന തല തല്ലിട്ടിനി എന്ത് കാര്യം നീ എന്നെ പഠിപ്പിക്കാൻ മെനക്കെടണ്ട മമ്മി അൻവർ ഇപ്പൊ ഒറ്റയ്ക്ക തികച്ചൊരനാഥൻ പഴയ കൂട്ടുകേട്ടൊക്കെ ഉപേക്ഷിച്ചു ഇപ്പൊ അയാളെ നോക്കാൻ ആരുമില്ല അങ്ങനെ ഒരു അവസ്ഥയില് അയാളെ നോക്കേണ്ടത് സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മമ്മി അതെ മമ്മി ഡാഡിയും ഹാജി സാഹിബും തമ്മിലുള്ള ബന്ധം എത്രത്തോളം എനിക്കറിയില്ല പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ മകനൊരു സഹായ ആവശ്യമായി വരുമ്പോ ഡാഡിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ എനിക്കും അറിയാം പക്ഷെ എന്താന്നറിയില്ല ഇതൊക്കെ ആലോചിക്കും തോറും മനസ്സുവല്ലാതെ പതറുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ട് മമ്മി അൻവറിന്റെ ഉത്തരവാദിത്തം നമുക്ക് മാത്രമല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും അയാൾക്ക് സഹായങ്ങളും സുരക്ഷയും ഏർപ്പെടുത്താനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം സറണ്ടർ ചെയ്യണത് ഓ നീ നിന്റെ ഡാഡീന്റെ ഭാഗം മാത്രല്ലേ പറയൂ വക്കീലാവാൻ കോട്ടിട്ടപ്പ തൊട്ട് തുടങ്ങിയതല്ലേ നിന്നോടൊക്കെ വായിട്ടലക്കാൻ നിന്നെ കൊണ്ട് വയ്യ ഞങ്ങൾ പറയണതൊക്കെ ശരിയല്ലേ മമ്മി ഓ പിന്നെ ഓക്കെ മമ്മി എനിക്ക് കോളേജ് പോവാൻ സമയായി ഞാൻ പോണു െ കാണെന്ന് പറഞ്ഞാൽ കേട്ടു ആ യെസ് മിസ്റ്റർ സലീം വരൂ സീറ്റ് അൻവറിന്റെ കാര്യത്തിൽ ഡി സിയുടെ ഫോൺ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മാനുഷികമൂല്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് നല്ലത് തന്നെ പക്ഷേ അയാളുടെ ക്ലിയറൻസിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല അല്ലേ സർ ഇല്ല ആദ്യത്തെ റൗണ്ട് ചോദ്യം ചെയ്തത് തന്നെ ഒരു കാര്യം വ്യക്തമായി ഭീകരവാദികളുമായുള്ള അയാളുടെ മീറ്റിംഗ് വെറും ആകസ്മികമായിരുന്നു പിന്നെ ഒരു കാര്യം തോന്നിയത് തോക്കിൻ മുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയാണ് അയാളെ കൊണ്ട് പലതും ചെയ്യിച്ചിരുന്നത് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് എത്തിയ ശേഷം ഏതാണ്ട് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത് അയാളുടെ മനസാക്ഷി ഒരിക്കലും ഈ വഴിയെ പോകാൻ അയാളെ അനുവദിച്ചില്ലെന്നതാണ് ഹാജി സാഹിബിന്റെ ആത്മാവും ഇപ്പോ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും പയ്യൻ നല്ല ബുദ്ധിമാനാണ് ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങളൊക്കെ അയാൾ ഒളിപ്പിക്കുന്നുണ്ട് പക്ഷേ താനിപ്പോൾ സുരക്ഷിതരാണെന്ന് പതുക്കെ പതുക്കെ ബോധ്യം വരുമ്പോ നമുക്ക് അയാൾ ഒരുപാട് സഹായകരമായിരിക്കും സാർ ഇക്കാര്യത്തിൽ നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും സാർ ഞാൻ അയാൾ നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് എന്റെ ഇടപെടൽ കൊണ്ട് കുറ്റവാളി എന്ന് മുദ്രവത്വപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വീണ്ടും മനുഷ്യത്വത്തിന്റെ പാത സ്വന്തമാക്കാൻ തീരുമാനിച്ചെങ്കിൽ അവന്റെ മാതാപിതാക്കൾ സ്വർഗത്തിലിരുന്ന് ഏറെ സന്തോഷിക്കുന്നുണ്ടാവും സർ തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം അഭിനന്ദനം അർഹിക്കുന്നു മിസ്റ്റർ സലീം മറ്റുള്ളവർക്കും അത് പ്രേരണ നൽകും പക്ഷേ എന്താണ് സർ ഒരുമിച്ച് ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരായത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചു ഉപദ്രവിച്ചത് ഇത് പറയേണ്ടത് കടമയാണെന്ന് തോന്നി എന്താ സർ എന്തെങ്കിലും പ്രശ്നം എനിത്തിങ് റോ കാര്യം ഇത്രയേയുള്ളൂ അൻവർ നിങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ പോലീസിന് കാര്യങ്ങൾ എളുപ്പമാവും പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ട് അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് കാര്യങ്ങളുടെ വശവും മുൻപേ നല്ല വണ്ണം ചിന്തിച്ച ശേഷം മാത്രം മതി സാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ ഒന്ന് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം സറണ്ടർ ചെയ്തതാണ് രണ്ടാമത്തെ കാര്യം അവന്റെ ഉപ്പ ഉമ്മ വീട് സ്വത്ത് ഒന്നും ഇന്ന് ബാക്കിയില്ല പിന്നെ ഞങ്ങളുടെ വീടുകൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം അത് പരസ്യമായ കാര്യമാണ് സാർ ആരോടും അത് ഒളിപ്പിച്ചു വെച്ചിട്ടുമില്ല അൻവർ സ്വന്തം വീട്ടിലേക്കാണ് തിരിച്ചു ഡിവിഷണൽ കമ്മീഷണറും വാക്കെന്നിട്ടുണ്ട് സാർ അവരുടെ ജോലി എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒപ്പിക്കാമെന്നോ അഥവാ ഇനി എവിടെയും ഒന്നും ശരിയായില്ലെങ്കിലും ഹാജി സാഹിബിന്റെ പഴയ കടയെങ്കിലും ഉണ്ടല്ലോ സാർ സലീം ഞാൻ ഉദ്ദേശിച്ചതാല്ല പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ചില റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അവരെ ചതിച്ച കൂറുമാറ്റക്കാർക്ക് അവർ ചില സ്വീകരണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അത്രേ തട്ടിക്കളയാനും പരിപാടിയുണ്ടെന്ന് കൂറുമാറിയ ചതിയന്മാർ അവരല്ലേ സർ രാജ്യദ്രോഹികൾ ശത്രുക്കളുടെ കോട്ടയ്ക്കകത്തുനിന്ന് തടവ് ചാടി രക്ഷപ്പെട്ടുവന്ന ധീരന്മാരല്ലേ ഇവർ അല്ലെങ്കിലും ദേശസ്നേഹികളുടെ മുഖ്യധാരയിലേക്ക് തിരിച്ചുവന്ന ഇവരുടെ സുരക്ഷ സർക്കാരിന്റേതാണെന്ന് പറയുമ്പോൾ അതിന്റെ ചുമതല നമുക്ക് തന്നെയല്ലേ സർ may God help you. Thank you Sir, thank you very much. എവിടെന്നിരിക്കുന്നത് നോക്ക് അസാം ഹായ്സൽ മൈ ഡിയർ ഫ്രണ്ട് നിന്റെ ഡാഡിയോടുള്ള ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ലട ഇതിൽ കടവും പാടവും ഒന്നുമില്ല മോനെ എനിക്ക് അഫ്സലിനെ പോലെ തന്നെയാണ് ശരി തന്നെ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചീത്ത സമയത്ത് നമ്മുടെ നിഴൽ പോലും നമുക്ക് കൂട്ടുണ്ടാവില്ല അങ്ങനൊരു സാധാരണ മനുഷ്യനല്ല അതിനപ്പുറം എന്തൊക്കെയോ സാഹിത്യത്തിൽ പറയാറില്ലേ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു വരാൻ നേരം വൈകും അവള് പോയത് ആയിഷ ഏത് കോഴ്സിനാ എൽ എൽ ബി െ എനിക്കും ഇഷ്ടായിരുന്നു ശരിയാ പറഞ്ഞിരുന്നു എൽ എൽ ബിക്ക് നല്ല റെക്കോർഡായിരുന്നു ഫർദർ ആയിട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നു റിസർച്ച് ചെയ്യണം എന്ത് ചെയ്യാനാ നിങ്ങൾ തയ്യാറെടുപ്പിലായിരുന്നു പറഞ്ഞില്ലേ എന്നിട്ട് അവിടം വരെ എത്തിയിട്ടില്ല ആ സ്വപ്നങ്ങളൊക്കെ തകർന്നില്ലേ ഒറ്റിവസം കൊണ്ട് ദിവസം അൻവറേ അൻവർ ഒന്ന് എണീറ്റെന്താ എന്താ ശംസ കാര്യം ഏയ്ടോ പഠിപ്പിച്ച ഇരുപത്തിനാല് മണിക്കൂറും പുസ്തകപ്പുഴ ആയിട്ട് ഈ ലൈബ്രറി കുത്തിരിക്കണത് നിന്റെ ആരോഗ്യത്തിന് ഇത്ര നല്ല കാര്യൊന്നുമില്ല നീ പുറത്തെ കാറ്റും വിളിച്ചൊക്കെ കുറച്ചു കൊള്ളണോ ഏ നിനക്കത് പറയാം എത്ര തവണ കയറി ഇറങ്ങിയിട്ടെന്നറിയോ ഈ റഫറൻസ് ബുക്ക് ഇന്ന് കയ്യ് കിട്ടിയത് അത്യാവശ്യമായിട്ട് കുറച്ച് നോട്ട്സ് എഴുതിയെടുക്കാനുണ്ട് അതിനൊക്കെ ജീവിതം മുഴുവൻ നിന്റെത് ബാക്കി കിടക്കല്ലേ ക്രിക്കറ്റും ഇന്നെ ജവീനെ കളിക്കണറു എന്താ മോനെ ഓളുടെ ഒരു സ്പിന്നെ നിന്ന് വന്ന് കണ്ടു നോക്കിയത് ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ആര് ബൌൾഡ് ഔട്ട് ആയാലും സ്റ്റംപൌട്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമല്ല എനിക്കിപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യണം നീ പോയിക്കോ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം അതൊക്കെ പിന്നെ ചെയ്യണം ഞാൻ ഈ പുസ്തകം ലൈബ്രറിയിൽ റിട്ടേൺ ചെയ്യാൻ പോവാസ് നോക്ക് എനിക്ക് പെണ്ണുങ്ങളെ മാച്ച് കാണാൻ ഒരു താല്പര്യമില്ല ഞാൻ വീട്ടിൽ പോവാ എന്നാ ഞാനും പോകുന്നില്ല മാച്ച് കാണാ വീട്ടിൽ പോവാറ്റ് ഇഷ്ടായില്ലേ അതൊന്നും അല്ലടാ അൻവറിന് ഇതൊന്നും ഇഷ്ടല്ല അപ്പൊ ഞാനും തീരുമാനിച്ചു മാച്ച കാണാൻ പോണുന്നില്ല അപ്പൊ എന്താ പരിപാടി എന്ത് പരിപാടി എല്ലാരും അപ്പനെപ്പനെ വീട് പിടിക്കാ വേറെന്ത് വഴിക്കനു വാടോ നിങ്ങള് പോയിക്കോ ഞാൻ നടന്നോള എന്താഷ്ട ദേഷ്യം വലതുണ്ടെ പറഞ്ഞോട്ടോ നമ്മളീ കോളേജിൽ തന്നെയാണ് പഠിക്കണേ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങായി അല്ല എന്ത് പറ്റി സാധിക്കേ നീ എന്താ മാച്ച് കാണാതെ പോന്നത് വ്യൂമൻ ക്രിക്കറ്റ് നീ കാണാതെ വിടാറില്ലല്ലോ മാതാ അമ്പയർന്നടിയനാന്ന് അയാള് ബോളിംഗ് പോയിന്റിൽ വന്ന് നിന്നാ പിന്നെ ആ ഭാഗത്ത് നിന്ന് വിക്കറ്റും കാണാൻ പറ്റില്ല പിച്ചും കാണാൻ പറ്റില്ല തടിയെന്ന് വെച്ചാലോന്നൊരു തടിയെന്നൊക്കെ പറയാറില്ലേ ഇത് അതും അപ്പൊ തോന്നി അയാളുടെ ചന്തയും കണ്ടിരിക്കണേ നല്ലത് ഒരു കപ്പ് ചൂടുള്ള കാപ്പി കുടിക്കാന്ന് അതാണ് അതിന്റെ ശരി ആയിക്കോട്ടെ കാപ്പി പോന്നോട്ടെ അല്ലെ എനിക്ക് വേണമെന്നില്ല ഞാൻ പോയിക്കോട്ടെ പിന്നെ നിങ്ങളിരിക്കംസു സംഗതിക്ക് ഗംഭീരാണ് പക്ഷെ ഓർഡർ കൊടുക്കാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലണം അതൊരു സുഖല്ലേ സെൽഫ് സർവീസ് പക്ഷെ സാദിക് പുറത്തേക്കാണല്ലോ പോയത് അല്ല ചിലപ്പോ ചെങ്ങാതി കാർ ലുക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഏർ അല്ലെങ്കിൽ പുറത്ത് വല്ല പരിചയക്കാരും കണ്ടാണ് എന്തായാലും കാപ്പി വരുമ്പോഴേക്ക് ഞാനൊന്ന് ടോയ്ലറ്റ് പോയി വരാ അൻവർ എന്നാണോ പേര് അതെ ആ സാദിക് നിങ്ങളെ ആ കാറിനടുത്തേക്ക് വിളിക്കുന്നു ഓ എന്ത് പറ്റി സാധിക്കും ബാപ്പയ്ക്ക് സുഖമില്ലാത്രേ ഇയാളാ പറഞ്ഞേ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഞാൻ ആകെ കൺഫ്യൂഷൻ പെട്ടെന്ന് വീട്ടിലെത്തട്ടെ അടിക്കണ്ട വിചാരിച്ച പോലൊന്നും ഉണ്ടാവില്ല അല്ല കോഫി കുടിക്കാൻ വന്നിട്ട് ഇവിടെ നിന്ന് വാച്ചടിക്കാറുണ്ടാകും സുഖമില്ല അതൊന്നും പറയണ്ട ശംസേ നീ കയറേ അൻവർ നീ മുന്നക്കോ നിങ്ങളെ ഞാൻ പോണ വിളിക്കാറക്കി തരാം നിനക്ക് ബുദ്ധിമുട്ടായില്ലേ അൻവർ ഇതിലെന്ത് ബുദ്ധിമുട്ട് സോറിട്ടോ സോറിട്ടോ അൻവർ പെട്ടെന്ന് ഇതെന്ത് പറ്റി ഫാദറിനെ ഒന്നും അറിയില്ല തട്ടികളിക്കും അറിയില്ല ഒരാളും കേക്കില്ല വിടാനൊളുതിരിക്കേ എന്നെ അന്ന് തൂക്ക് കാട്ടി കിഡ്നാപ്പ് ചെയ്യുകയായിരുന്നു വണ്ടി എവിടെയോ ചെന്ന് നിന്നു കണ്ണിലെ കെട്ടഴിച്ചപ്പോ മുമ്പിൽ കുറച്ച് പേരുണ്ട് മുഖം മറച്ചവരും മറയ്ക്കാത്തവരും അവരെന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു അപ്പോ മറ്റേ കക്ഷികളോ സാധിക്കും ശംസും അവരെ കണ്ടില്ല അപ്പളാ എനിക്ക് സംശയം തോന്നിയത് ഒത്തുകളിയായിരുന്നു അവരും എന്നെ തട്ടിക്കൊണ്ടുവന്ന തീവ്രവാദികളും ചേർന്ന് നടത്തിയ നാടകം പക്ഷേ അപ്പൊ അതൊക്കെ ചിന്തിക്കാൻ പറ്റിയ സമയമായിരുന്നില്ല പേടിച്ചു കേട്ടല്ലോ ഇതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലാന്ന് ആരാ നല്ലത് ആരാ ചീത്ത അനുഭവം വരുമ്പോഴേ അറിയൂ അപ്പളാ ഇവൻ അഫ്സലിനൊരാളെ ഒരിക്കൽ കണ്ടാ മതി ഈച്ചയും ചക്കരയാവും മമ്മി ഞങ്ങൾ ഒന്ന് കേൾക്കട്ടെ എന്നിട്ട് എന്നിട്ടെന്താ വീണ്ടും കണ്ണ് കറുത്ത് തുണിയൊണ്ട് മൂടിക്കെട്ടി ഞങ്ങളൊരു പതിനഞ്ച് പേരെ അതിർത്തിക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി തീരെ പരിചയമില്ലാത്ത സ്ഥലം കൂട്ടത്തിൽ ചില മുഖങ്ങള് നാട്ടിൽ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നി അതൊരു ട്രെയിനിങ് ക്യാമ്പായിരുന്നു ട്രെയിനിങ് തുടങ്ങിയപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ ചിലത് ശരിയാണെന്ന് തോന്നി പലതും തെറ്റുമായിരുന്നു പക്ഷെ വായ തുറന്ന് എന്തെങ്കിലും മിണ്ടുവാനുള്ള ധൈര്യം ഒരാൾക്കുണ്ടായിരുന്നില്ല ഓരോന്നിനെ കണ്ടാൽ തന്നെ നിന്ന നിപ്പിലും മൂത്രൊഴിച്ചു അതിനിടയിൽ ഒരു ദിവസം മാത്രം ഷംസിനെയും സാധിക്കിനെയും കണ്ടു രഹസ്യ പോലീസിന് അവരെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടാവണം എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ ഞാൻ മനസ്സിൽ ഒഴിവാക്കിയിരുന്നു അവരോട് ഇനി കൂട്ട് വേണ്ട ശത്രുതയ്ക്കും പോട്ട എന്ന് ഞാൻ എടുക്കാം ഹലോ അതെ അസിസ്റ്റന്റ് കമ്മീഷണർ സലിഭ്യ ആരാ സംസാരിക്കുന്നു നിങ്ങൾ ആരുടെ ഏതോ ഒരു വിളിച്ചതാ ആ രൂഹി ഞാനൊന്ന് പുറത്തു പോവുകയാണ് ഡോക്ടർ നദീബിന്റെ വീട് വരെ ഒന്ന് എന്റെ ആ മഫ്ലർ ഓ ഒരു മഫ്ലർ എവിടാന്ന് ആ അലമാരയിലുണ്ട് ഇതിനൊക്കെ എന്നെ വിളിക്കേണ്ട എല്ലാ പറയുന്നത് കേക്കോ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഓഫീസിൽ ഇതല്ലാതെ ആര് വിളിച്ചാലും ഉടൻ പറഞ്ഞ കേട്ടില്ല അനാവശ്യമായി ഒന്നും പറയാൻ പിന്നെ കുട്ടിയെടുക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ നെയ്യ എന്തൊക്കെയോ ഓടിക്കുന്നുണ്ട് ആരാ നേരത്തെ വിളിച്ചത് പറഞ്ഞത് കേട്ടാ മതി അൻവർ നിങ്ങൾ രണ്ടോളം കഥ പറഞ്ഞിരിക്കുന്നു ഞാൻ വീകും അങ്കിൾ എന്താ ഞാനൊരു കാര്യം പറയട്ടെ അങ്കിളിന് സമ്മതമാണെങ്കിൽ മാത്രം മതി യേസ് പറഞ്ഞോളൂ ഇവിടെ ഇങ്ങനെ മൂക്കറ്റം ഭക്ഷണം കഴിച്ച് മലന്നു കിടക്കുന്നതിന് പകരം ഞാന് ഉപ്പാന്റെ കട തുറന്നു വെച്ചാലോന്ന് ശരിയാ ഇവിടെ ഇങ്ങനെ വെറുതെ അടച്ചുപൂട്ടി ഇരുന്നിട്ട് ഭോറലിക്കുന്നുണ്ടാവും നിനക്ക് ഇനി ഞാൻ നിന്നെ ഓഫീസ് കൊണ്ടുപോവാം കൊറേ അവിടെ ഇരിക്കാം വൈകുന്നേരം നമുക്കൊരു സിനിമയ്ക്കും പോയി കളയാം എന്താ അതല്ലെങ്കിലോ പിന്നെ നീ എന്താ പറയാം വന്നത് മടിക്കണ്ട പറഞ്ഞോളൂ അവനൊന്നും പറയില്ല ഞാൻ പറയാം ഓ ഇന്നലെ രാത്രി ഞാൻ പറയാൻ ആക്കെടുത്തതാ അപ്പോഴത്തെ മൂട് കണ്ടപ്പോ പറയണ്ടാന്ന് വെച്ചു എന്താ എന്ന് തൊട്ട് ഇവൻ ഇവിടെ കാല് കുത്തിയോ അന്ന് തൊട്ട് അനർഥങ്ങളാ റുഹി ഇബിലീസ് പരപ്പറത്ത് കയറി കൂടിയെന്ന് പറഞ്ഞാ മതി ചേത്താൻ കേറിയ വീടായിത് റുഹി നിന്റെ ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല ആന്റി പറഞ്ഞത് സത്യ എന്ത് സത്യം ഇങ്ങനെ കിടന്ന് പിച്ചുംപെയും പറഞ്ഞ് നിലവിളിക്കാൻ തക്കവണ്ണു എന്താ ഇവിടെ സംഭവിച്ചത് ആ നിങ്ങൾ ഇതേ പറയൂ നിനക്കറിയാം രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ രാത്രിയല്ലേ കയറി വരുന്നത് പകല് മുഴുവൻ ഈ രണ്ട് മിനിറ്റ് കൂടുമ്പോഴാ ഫോണിന്റെ ബില്ല് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഫോൺ വന്നാൽ എടുക്കണ്ട എടുത്താൽ തന്നെ ആള് വീട്ടില്ലാന്ന് പറഞ്ഞ് കട്ട് ചെയ്താ പോരെ ആരോട് പറയാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നൂറ് ഭീഷണി ഇങ്ങോട്ട് ഇന്നലെ കുട്ടികളുടെ കാര്യം പറഞ്ഞായിരുന്നു ഭീഷണി അവരും പേടിച്ചിരിക്കുക ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ അനാവശ്യ കുഴപ്പത്തിലൊക്കെ അൻവർ ഇതൊക്കെ കളിയിൽ പറഞ്ഞിട്ടുള്ളതാ പാർട്ട് ഓഫ് ദി ഗെയിം നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിന്റെ ചങ്കൂറ്റത്തോടെയുള്ള തീരുമാനത്തിനും സറണ്ടറിനും എന്ത് വിലയാണുള്ളത് ഒക്കെ വെറുതെയാവില്ലേ ഞാൻ ഇപ്പം തന്നെ പോയി സുപ്പീരിയേഴ്സിനോട് ഇക്കാര്യം ചർച്ച ചെയ്യും ഇന്നിനി ആരും ഫോൺ എടുക്കണ്ട ആര് വിളിച്ചാലും ശരി അത് അവിടെ കിടന്ന് മനസ്സിലായ റൂഹി തനിക്ക് ഓ ശരി നിങ്ങൾക്ക് ക്യാമ്പില് എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് തരാറുണ്ടോ അങ്ങനെയല്ല അവരുടെ പ്ലാനിങ്ങിനനുസരിച്ച് അവരുടെ ആവശ്യം മുൻനിർത്തി ആരാണോ തൽക്കാലം ഹാജരുള്ളത് അവരെ വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കും ഓരോരുത്തർക്കും ഓരോ പണി നിശ്ചയിച്ചിട്ടുണ്ടാവും അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കും ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവരെയും എന്താ അതിർത്തി കിടക്കാൻ വല്ല ഉണ്ടോ ചതിക്കല്ലേ മോനെ ഞാൻ അങ്ങനെ കിടന്നാ പിന്നെ ചുറ്റു ചാമിലാക്കിട്ട് തിരിച്ചു വരും അഫ്സൽ ഇവിടെ കിടന്ന് വാചക അടിച്ചോണ്ടിരുന്നോ ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ ആഴ്ച വന്നോന്ന് ചിന്തിച്ചോ നീയേ എല്ലാറ്റിനും ഞാൻ ഓടണം ഓ ഇത്ത വന്നോളും യൂണിവേഴ്സിറ്റി സെമിനാർ ഡിബേറ്റ് എന്തോണ്ട് പറഞ്ഞതാ ഒരു നൂറു വട്ടം വേഗം വീട്ടിലെത്തണന്ന് പക്ഷെ നമ്മള് പറഞ്ഞാൽ ആർക്കുണ്ട് വില തന്തയ്ക്കും ഇല്ല ഞാൻ ഡാഡിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മമ്മി ഡാഡി വരുമ്പോ പിക്ക് ചെയ്തോളും അത് നന്നായി എന്റെ മോന് ബുദ്ധിയുണ്ട് ഇപ്പഴത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യം നേരെ ഇരുട്ടിയാലും കുടുംബത്തെത്തണമെന്ന ചിന്തയില്ല ആയിഷ വക്കീൽ കോട്ടട പോവല്ല ആൻറ്റി അവളെ വീട്ടിനകത്ത് ഇനിയും തളച്ചിടാൻ നോക്കിയാ അവളങ്ങനെ കോടതി പോയി കേസുകൾ വാദിച്ച് ജയിക്കും അവളിനി എന്തിനാ കേസ് വാദിക്കാൻ പോണേ മോളുടെ വാശിക്ക് തുള്ളാൻ ഒരു ഡാഡി കല്യാണം ഉറപ്പിച്ച പെണ്ണാ അതൊന്ന് കഴിഞ്ഞു കിട്ടിയാലേ നിന്റെ ശ്വാസം നേരെയാവൂഹി ആയിഷ ഇനി േ നിനക്ക് ഡാഡി വൈകുന്നേരം ഞാൻ അന്വേഷിച്ചിരുന്നു അവിടെ മാത്രല്ല ഇത്താത്ത പോരള്ള എല്ലാ വീട്ടിലും ഞാൻ വിളിച്ചു നോക്കി കപൂർ സാറിന്റെ വീട്ടിൽ നേരിട്ട് പോയി മറ്റു സ്ഥലത്ത് നമ്മുടെ അമ്മനെ അയക്കാൻ ചെയ്തു എനിക്ക് ആദ്യമേ പേടിയുണ്ടായിരുന്നു വെച്ചതൊക്കെ ഞാൻ അങ്ങയുടെ കാല് പിടിച്ചതല്ലേ എന്റെ കരിനീൽ വീഴ്ത്തി ഇവിടത്തെ പൂനിലാവിന്റെ ശോഭ കെടുത്തരുതെന്ന് ഈ വീട്ടിലെ ശാന്തിയും സമാധാനവും കളയേണ്ടാന്ന് ഞാൻ കാരണമല്ലേ ഇതൊക്കെ ദയവു ചെയ്ത് ഒരു അല്പസമയം നിങ്ങൾ എന്നെ ഈ സമയം പരിഭ്രമിച്ച് കിടന്ന് നിലവിളിക്കാനുള്ളതല്ല ആത്മധൈര്യത്തോടെ പ്രവർത്തിക്കാനുള്ളതാണ് നോക്ക് ഇപ്പൊ ആരും മിണ്ടരുത് ഹലോ ഹലോ സർ ഡിഎി സാറല്ലേ ആ ഞാൻ സലീമാണ് സാർ ഹൗ ആർ യു സർ ആം ഫൈൻ സാർ ഞാൻ വിളിച്ചത് എന്റെ മകൾ ആയിഷ രാവിലെ യൂണിവേഴ്സിറ്റി പോയതാണ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അതെ സാർ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു സാർ യൂണിവേഴ്സിറ്റി ഞാനും നേരിട്ട് പോയിരുന്നു സാർ അതെ സാർ എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടാക്കുന്നതിന് മുമ്പേ സാറുമായി സംസാരിച്ച് സാറിന്റെ അഡ്വൈസ് അറിഞ്ഞ ശേഷം വേണ്ട സർ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ശരി സാർ സാറ് പറയുന്നതുപോലെ ചെയ്യാം സാർ ഓക്കെ ശരി സാർ താങ്ക് യു സർ താങ്ക് വെരി മച്ച് സാർ പിന്നെ ഡിഐ ജി ഇങ്ങോട്ട് വരാമെന്നു ആവശ്യം മാത്രം റിപ്പോർട്ട് എഴുതി വെച്ചാ മതി ഫോഴ്സിനിറക്കി എല്ലാ വഴിക്ക് നോക്കാന്ന് പറഞ്ഞു എന്ത് നോക്കാൻ കുട്ടി ചക്കര മുത്ത് എവിടെയാണാവോ ഏതവസ്ഥയിലാണാവോ പാവം പെണ്ണ് രാവിലെ രണ്ട് കഷ്ണം ബ്രെഡ് മാത്രം തിന്ന് പോയതാ നോക്ക് കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്ത് അതോട്ടൊന്നും കാര്യമില്ല പോയി കുറച്ച് ചായ അറേഞ്ച് ചെയ്യും എന്തെങ്കിലും തിന്നാലും എടുത്തോ ഉം അവരൊക്കെ വരുമ്പോ എന്തെങ്കിലും കൊടുക്കണം ചെല് ചെല് ആ മകളോട് സംസാരിക്കണമെന്നുണ്ടോ കമ്മീഷണറെ നീയത്ര നീചനാണെന്ന് ഞാൻ കരുതിയില്ല പ്രസംഗിക്കണ്ട ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതാ ഞങ്ങൾ പകരം ചോദിക്കുന്നു ചതിക്ക് ചതി അവ ഞങ്ങൾ വിടില്ല അതിന് എന്റെ മകൾ എന്ത് നിങ്ങളവളുടെ തന്തയല്ലേ അവസാനമായി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഞങ്ങളുടെ വഴിയിൽ നിന്ന് മാറിക്കോ നിന്റെ മകൾ യാതൊരു പോറിലും കൂടെ അത് തിരിച്ചെത്തും ഇല്ലെങ്കിൽ എന്നാ നീ കേട്ടോ നിന്റെ കൂടെ വിലപേശാൻ എനിക്കും താല്പര്യമില്ല ആരായിരുന്നു എന്താ പറഞ്ഞത് മോള് അവര് വന്നു ഞാനാട്ട് ഒരാളും ഒരനാവശ്യവും അവരുടെ മുമ്പേ മിണ്ടി പോര ആന്റി വേണ്ട ആന്റി എടുക്കണ്ട ഞാൻ എടുക്കാം എന്നെയല്ലേ അവർക്ക് ഹലോ ആ കമാൻഡർ മനസ്സിലായി അല്ലേണ്ടി മര്യാദയ്ക്ക് വന്ന് കീഴടങ്ങിക്കോ ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിന്റെ ജീവൻ നിന്നെ പോലുള്ള കുടിച്ചു പട്ടികൾക്ക് വേണ്ടി തുലച്ചു കളയണ്ട നിർത്ത് ആയിഷയുടെ ഒരു മുടിനാരന് പോലും കേടുപറ്റിയെന്നറിഞ്ഞ നിന്റെ തലയാണെടുക്കും ആദ്യം നീ ആ കമ്മീഷണറുടെ മടിയൊന്നിറങ്ങിവ എന്നിട്ട് നിശ്ചയിക്കാം ആരാരുടെ തലയാ കൊയ്യേണ്ടതെന്ന് ആരുടെ ഫോണിൽ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വന്നത് ആ ടെലിഫോൺ കോൾ അതെ സ്വാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ ആയിരുന്നു വിളിച്ചത് ഒരു കാര്യത്തിൽ തീരുമാനമായി സാർ ഇതൊരു കിഡ്നാ കേസ് തന്നെയാ കിഡ്നാ ഞാൻ പറയാം ആ ഫോൺ ചെയ്തത് കമാൻഡർ കമാൻഡറോ ഏത് കമാൻഡ് എന്തിന്റെ കമാൻഡ് കുറച്ചു മുമ്പേ അങ്കിളിനോട് ആയിഷയുടെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് നന്നായി അറിയാം അവനെ എന്തിനും അടിക്കാത്ത ദുഷ്ടന സ്നേഹം ദയാ മര്യാദ ഇതൊന്നും അറിയാത്ത ഒരു കാട്ടു മൃഗം ആശയുടെ വിലപ്പെട്ടതല്ല എന്റെ സുരക്ഷ അങ്ങനെ പോകാൻ അനുവദിക്കണം അൻവർ അൻവർ ഇപ്പൊയി അകത്തിരിക്കേ നിന്നെ കൊണ്ട് ആവശ്യവും നിനക്ക് ചെലത് ചെയ്യാൻ ഇവിടെ സർ കാര്യങ്ങളിപ്പോ വ്യക്തമായി വരുന്നുണ്ട് നമ്മൾ അകത്തേക്ക് വരുമ്പോ അൻവർ സംസാരിച്ചിരുന്നത് അവനോടായിരുന്നു നമ്മളെ കണ്ടതും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു യു മീൻ ആ കിഡ്നാപ്പർ യെസ് ആ ഔട്ട്ഫിറ്റിന്റെ കമാൻഡർ ബൗണ്ടറിക്ക് അപ്പുറത്തുള്ളവൻ നമ്മുടെ പരമ്പരാഗത ശത്രു അൻവറിനെയാണ് അവന് വേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അൻവർ കുറ്റം ചെയ്തവനാണ് അവനെ ശിക്ഷിക്കണം മാതൃകാപരമായി എന്ന് വെച്ചാൽ അതിക്രൂരമായി കൂട്ടത്തിൽ നിന്ന് ഇനി ഒരുത്തിനും സറണ്ടറിന്റെ കാര്യം ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത വിധം എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് സാർ പക്ഷേ ആ കാട്ടു ജന്തുക്കൾക്ക് കടിച്ചു കയറാൻ അൻവരൻ എന്ന് വെച്ചാ നമ്മളെല്ലാം അവരുടെ മുമ്പിൽ കീഴടങ്ങുക എന്നല്ലേ അർത്ഥം എക്സാക്ട് യു ആർ റൈറ്റ് സലീം പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവനിൽ കൂടി നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റും എനിക്ക് സംസാരിക്കണം ഓക്കെ സാർ അതിനു മുമ്പ് എനിക്കൊന്ന് ഫോൺ ചെയ്യണം പുറത്താരും കേൾക്കാതെ ഷുവർ ഞാൻ വാതിൽ പുറത്തുനിന്ന് അടച്ചേക്കാം ആരും ഇങ്ങോട്ട് വരില്ല ഓക്കെ ദാറ്റ് ഹലോ കൺട്രോൾ റൂം ഡി ഐ ജി വിജ്ഞന്നെ ഹലോ ഖന്ന ഗുഡ് ഈവനിങ് റിസർവ് കണ്ടിൻഡന്റിനെ ഉടനെ അലേർട്ടാക്കി നിർത്തണം ഇതേ റിപ്പോർട്ട് സെക്യൂരിറ്റി ഫോഴ്സസിനും പാസ് ഓൺ ചെയ്യണം അതെ military, പാരാമിലിറ്ററി രണ്ട് ടീമിനെയും അലർട്ടാക്കി നിർത്തണം എസ് പി സി ടി യോട് തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാനും പറയണം അല്ല എന്റെ ലൊക്കേഷൻ പി എസ് ഒ അവരെ അറിയിച്ചു കൊടുത്തോളും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് ഹലോ സ്പെഷ്യൽ ബ്രാഞ്ച് ആ ചൌധരി സാബ് ഒരു ഓഫീസറെ ഉടനെ നമ്മുടെ ടൗൺ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് അതെ അയാൾ ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് വരുന്ന കോളുകളൊക്കെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറയണം ഒരു സെക്കൻഡ് നോ ഡൌട്ട് ദിസ് നമ്പർ ഫോർ നയൻ റൈറ്റ് ഇതിലേക്ക് വരുന്ന കോഴികളുടെ നമ്പറും ലൊക്കേഷനും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ടെലിഫോൺ ഓപ്പറേറ്ററെ വിശ്വാസത്തിലെടുക്കണം വളരെ വിജിലന്റ് ആയിരിക്കണം നോ ഫോൾ പ്ലേ ഓരോ കോളിന് ശേഷവും പോലീസ് കൺട്രോൾ റൂമിനെ അറിയിച്ചു ഒരു കാര്യം കൂടി നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ടൌണിൽ നടക്കുന്ന ഏത് സംഭവത്തിലും ഒരു ശ്രദ്ധ വേണം മോബിറ്റേഷൻ മീറ്റിംഗ് വാട്ട്എവർ ആൾക്കാർ അസംബിൾ ചെയ്യുന്നിടത്തെ ിൽ സംസാരിച്ചവൻ ആരായിരുന്നെന്ന് നീ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഓവ് സാർ എനിക്ക് ഉറപ്പാണ് അത് കമാൻഡർ ആണ് ഉറപ്പ് എന്തിന്റെ കമാൻഡർ ഞങ്ങൾ അയാളെ അങ്ങനെയാണ് വിളിക്കുന്നത് അയാൾക്ക് ഒരുപാട് പേരുകളുണ്ട് ശാബാസ് അൻവർഗുൽ ഖാജി ഫർമാൻ അലി പക്ഷെ ശരിക്കുള്ള പേര് ആർക്കും അറിഞ്ഞൂടാ ഗുഡ് അയാളുടെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ താമസസ്ഥലം അഡ്രസ് പോകാറുള്ള സ്ഥലങ്ങൾ ഫോൺ ചെയ്യാറുള്ള ബൂത്ത് അങ്ങനെ എന്തെങ്കിലും ഇല്ല സാർ അവൻ ഭയങ്കര സമർത്ഥന ഒരേ സ്ഥലത്ത് താമസിക്കില്ല ഒരേ ബൂത്തിൽ നിന്ന് രണ്ടു തവണ വിളിക്കില്ല ഇന്ന് വിളിച്ചതും എനിക്ക് ഉറപ്പാ വെവ്വേറെ ഫോൺ അതൊക്കെ നമുക്കറിയാം പക്ഷേ ആയിഷയെ കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നത് അവന്റെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഏതിലെങ്കിലും ആയിരിക്കും അവന്റെ കേന്ദ്രങ്ങൾ എല്ലാം ഒന്നും ആർക്കും അറിയില്ല ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ശീലം അവനില്ല സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും എന്നാലും ഒന്നു രണ്ട് കേന്ദ്രങ്ങളെങ്കിലും നിനക്ക് അറിവുണ്ടാവുമല്ലോ അംഗിളിനോട് ഞാൻ പറഞ്ഞതാ ആയിഷയെ രക്ഷിക്കാനായി എന്നെ ഇറക്കി വിടാൻ ആയിഷ ഇവിടെ അടുത്ത വിടെങ്കിലും കാണും എവിടെയാണെങ്കിലും എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഇറക്കി വിടും അൻവർ നീ പറയുന്നതൊക്കെ ശരിയാണ് സമ്മതിക്കുന്നു പക്ഷേ നിന്നെ കാണുന്ന സെക്കൻഡിൽ തന്നെ അവർ വിടിവെക്കും നീയും പോയി ആയിഷയെ അവർ അതുകൊണ്ട് പറയ നിനക്കറിവുള്ള കേന്ദ്രങ്ങളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അതവനായിരിക്കും കമാൻഡോ സലീം എടുക്കണ്ട അൻബർ നീ സംസാരിക്കേ കീഴടങ്ങാൻ തയ്യാറാണെന്ന് പറ സമയവും സ്ഥലവും നിശ്ചയിച്ചോ എടുത്തോ ഹലോച്ച് നീ രഹസ്യ കേന്ദ്രങ്ങളെ പറ്റി പറ ആകെ കൂടി ഒന്ന് രണ്ട് സ്ഥലങ്ങളെ എനിക്ക് നോ പ്രോബ്ലം അറിയുന്നത് അത് വെച്ച് ലെറ്റസ് നമുക്കധികം സമയമില്ല നീ എൻ്റെ കൂടെ വാ സലീം നിങ്ങളിവിടെ ഉണ്ടാവണം യെസ് ആരെങ്കിലും വിളിക്കുകയോ മറ്റെന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ കൺട്രോൾ റൂമിൽ അറിയിക്കണം സാർ വായൻ ശരി സാർ ും ഉടൻ രക്ഷണം ഈ സ്ഥലം കാര്യമാക്കണം ിൽ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് കൈകൾ ഉയർത്തിക്കൊണ്ട് പുറത്തു വരണോ രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ട നാലു ചുറ്റും ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ് ദുസ്സാമർഥ്യം കാട്ടിയാൽ വെടിവെക്കും അകത്തുണ്ടോ ഈ കെട്ടിടത്തിന്റെ നാല് ഭാഗത്തും രക്ഷപ്പെടാമെന്ന കരുതേണ്ട ആയുധങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത് അയക്കാം പക്ഷെ അകത്ത് ഇനി എത്ര പേരുണ്ടെന്ന് അറിയില്ലല്ലോ आ, ना ना सार। सार, ും ഒരു പക്ഷേ ആരും ജീവിച്ചിരിപ്പില്ലെങ്കിലോ സാർ സാർ ഒക്കെ ചത്തുപോയി കാണും വരുന്നുണ്ട് ചിലപ്പോൾ ചതിയായിരിക്കും സൂക്ഷിക്കണം അത് പറടാവിടെ <laughs> <laughs> നിനക്ക് അവളുടെ ശവമായിരിക്കും കിട്ടുന്നത് കമാൻഡാൻ മരിച്ചു കേട്ടാല് അവളെ വിധി നടപ്പാക്കും പക്ഷെ അതിന് മുന്നേ വെച്ചാൽ പോയി ഇവൻ ആരാണ് സാർ എല്ലാരും ഉടൻ എന്റെ കൂടെ വരണം എനിക്കറിയാം എനിക്കറിയാം ആശയവിടെയുണ്ടെന്ന് പറഞ്ഞതാ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ചുണക്കുട്ടികൾ സ്ഥലം വളഞ്ഞിരിക്കും ഇയാളെ അറസ്റ്റ് ചെയ്ത് എമർജൻസി വാർഡിലേക്ക് അയക്കും ബിൽഡിംഗ് മുഴുവൻ സെർച്ച് ചെയ്യണം മുറിവ് പറ്റിയവർ ഡെഡ് ബോഡീസ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒക്കെ കസ്റ്റഡിയിൽ എടുക്കണം ഞാൻ എസ് എസ് പിക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒവിനെ പോലീസ് ഫോർമാലിറ്റിയിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന് നമ്മുടെ കാഷ്വലിറ്റീസ് പ്രത്യേകം ശ്രദ്ധിക്കണം റിപ്പോർട്ട് ഉണ്ടാക്കണം വാ അൻപർ പോകാം സാർ പിടിക്കേണ്ടിയില്ല കാര്യം ചിന്തിക്കട നിന്റെ കമാൻഡർ നേരെ നരകത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ കയറ്റി വിട്ടു എന്നോസ് കസ്റ്റഡിയിലാ ദേഹം മൊത്തം മുറിഞ്ഞു ചോരയെല്ലാം വാർന്നുപോയി രക്ഷപ്പെടുന്ന കാര്യ സംശയ ഇനിയിപ്പോ ഇവിടെ നിന്ന് ആരെങ്കിലും പോയിട്ട് ഒരു രോമത്തെ തുടങ്ങി ഒറ്റുകാർക്കുള്ള ശിക്ഷ ഒറ്റുകാർക്കുള്ള ശിക്ഷ നമ്മുടെ നിയമത്തിൽ എന്താണെന്ന് അറിയില്ല നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല നീ എന്റെ കാര്യം വിടറ നിന്റെ കാര്യം ചിന്തിക്കും ചെയ്തു തെറ്റുകൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ എനിക്കതിലൊന്നും താല്പര്യമില്ല നീയായി നിന്റെ പാടായി അത് പറിങ്ങിന് എനി ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ സെർച്ച് തീർന്നെങ്കിൽ പോവാം ഹയെ കാണാൻ കാത്തിരിക്കുകയെല്ലാവരും ഞാൻ പെട്ടെന്ന് സാറിപ്പോ എവിടുന്നാ വിളിക്കുന്നത് ഞങ്ങൾ ഉടനെ അങ്ങോട്ട് എത്താം സാരമില്ലേ നിങ്ങളുടെ ടെൻഷനും മോളെ കാണാനുള്ള ദുരിയൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ ഇങ്ങോട്ട് വരണമെന്നില്ല ആയിഷെയും അൻവറിനെയും ഡിപ്പാർട്ട്മെന്റിലെ വണ്ടിയിൽ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്യും ഇപ്പോഴെത്തും താങ്ക് സർ താങ്ക് വെരി മച്ച് സാർ ഒരൊറ്റ ആളിന്റെ ശ്രമഫലമാണ് ഈ ഉപകാരം കടപ്പാട് ഒരു കാലത്തിനും മറക്കില്ല സാർ എന്താ സരി ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടി ഇതിലെവിടെയാണ് ഉപകാരവും കടപ്പാടും ഒക്കെ ഓൾ ഗവൺമെന്റ് ഒരാളുണ്ട് അൻവർ അവന്റെ സഹായം കൊണ്ടാണ് ഈ ഓപ്പറേഷൻ സക്സസ് ആയത് അത് മറക്കാൻ പാടില്ല പറയാം ഇന്ന് രാത്രി മനസ്സമാധാനത്തോടെ കിടന്നുടങ്ങി ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അയ്യേ എന്താ അത് കണ്ണ് നിറഞ്ഞല്ലോ ഞാൻ ആദ്യായിട്ടാ ഇങ്ങനെ കാണുന്നത് ഞാനും അവരിത് കേട്ടാ തോന്നും നിക്കാഹ കഴിഞ്ഞ് പുയ്യാപ്പിളയും പെണ്ണും ആദ്യായിട്ട് വീട്ടുകേർ വരിക ഡിസ വഴി വേരി വാ ഓക്കെ അതാതിന്റെ സമയത്ത് ശരിയാവും ഇതിലൊന്നും അപ്പൊ കണ്ണിനെന്തോ കൊഴപ്പുണ്ട് എന്താ പ്രശ്നയില്ലാന്ന് ആ ചെക്കൻറെ വീട്ടുകാർ പറഞ്ഞ വാക്ക് തെറ്റിച്ചു ഐഷാണെങ്കി പുറത്തിറങ്ങി നടക്കാനുള്ള മടി കൊണ്ട് കോളേജിലും പോണില്ല ഇതൊന്നും ഇങ്ങക്കൊരു പ്രശ്നല്ല അല്ലാത്തൊരു ഉപ്പ തന്നെ റബ്ബേ ഐഷാന്റെ കാര്യത്തില് എന്തെല്ലാ സ്വപ്നങ്ങൾ കണ്ട് നടന്നതോ എന്റെ പൊന്നാര ഭാര്യ ഈ ബന്ധം ഇങ്ങനെ ഒഴിഞ്ഞു പോയതിന് പടച്ചവനോട് നന്ദി പറയും ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കിഡ്നാപ്പ് നടന്നതെങ്കിൽ നമ്മുടെ മോളെ അവര് വീട്ടിൽ നിറക്കി വിടില്ലേ ശരിയാ സംസ്കാരമില്ലാത്ത വർഗം ഇങ്ങനെയൊരു സംഭവം അവർക്കാണ് വന്നുപെട്ടുന്നെങ്കിലും അവർക്കുണ്ടല്ലോ രണ്ട് പെൺകുട്ടികളും പടച്ചവൻ അവർക്കെന്നല്ല ആർക്കും അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ അതൊക്കെ ശെരിയെന്നെ പക്ഷേ രൂഹി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചാടിക്കടിക്കരുത് എന്താ നമ്മുടെ അൻവറിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എന്നുവച്ചാൽ എന്ന് വെച്ച ആയിഷയും അവരുമായുള്ള പൊരുത്തം നല്ല കുടുംബം കാണാൻ സുന്ദര് നല്ല സ്വഭാവം ഒക്കെ നനക്കും അറിയാലോ ഞാൻ അവന്റെ മനസ്സറിയാൻ പോലീസു മുറിയിൽ ഒരു ശ്രമം നടത്തി നോക്കി പക്ഷെ അവനൊന്നും തുറന്നു പറയുന്നില്ല പേടിച്ചിട്ടാവും ഭാവം സത്യം പറഞ്ഞ ഇങ്ങനെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടേയില്ല ഇപ്പൊ ഇത് കേട്ടപ്പോ മനസ്സറിയാൻ അവൾക്ക് സമ്മതാണെങ്കിൽ ഇത് നടക്കും അന്നത്തെ സംഭവത്തിന് ശേഷം എപ്പോഴും പറയും മമ്മി നമ്മള് അൻവറിനോട് കടപ്പെട്ടിരിക്കുന്നു അവൾക്കും ഉണ്ടാവും ചില കണക്കൂട്ടലൊക്കെ ഇനിയും പഠിക്കണം ജോലിക്കാരി ആവണം അവനുമായി ഇങ്ങനെയൊരു ബന്ധം അവൾക്ക് ഇഷ്ടമാവണമെന്നില്ല അതിനെന്താ തന്നെ ചോദിക്കാലോ മോളെ ആയിഷ എന്താ മമ്മി പതുക്കാതി നിങ്ങൾ മുണ്ടാണ്ടിക്കി ഞാൻ ചോയിച്ചോളാ എന്തിനാ മമ്മി വിളിച്ചത് മോള് വാ ഇവിടെ ഇരിക്കി ആ പയ്യന്റെ വീട്ടുകാര് ഇത്ര മോശക്കാരാവും ഞങ്ങൾ ആരും ചിന്തിച്ചില്ല മോളെ അയ്യേ വാഷള് അവരുടെ തീരുമാനം മോശപ്പെട്ടതാണെന്ന് പറയാൻ നമുക്ക് എന്താ അധികാരം വിവരറിയിച്ചല്ലോ മറന്നേക്കുവാ കാര്യം ശരി ശെരി അത് വിട് ആ കേസ് പോട്ടെ അൻവറിനെ കുറിച്ച് എന്താണെന്റെ അഭിപ്രായം ൊരു ഭാര്യായി തോന്നുന്നുണ്ടോ അയ്യോളെ ഹലോ ഗുഡ് കേൾക്കട്ടെ ഇപ്പോഴെത്തിയല്ലോ സർ ചായ ഓടിക്കായിരുന്നു എന്തെങ്കിലും ഓർഡർ സാർ കൺഗ്രാജുലേഷനോ എന് വെരി ഗുഡ് താങ്ക് യു സർ അവസാനം നല്ലൊരു തീരുമാനം ഉണ്ടായല്ലോ തീർച്ചയായും സാർ തീർച്ചയായും ഇത്തരം ആളുകൾക്ക് ജോലിസ്ഥിരതയും സുരക്ഷയും കിട്ടുകയല്ലേ അവരുടെ ആത്മവിശ്വാസവും വർദ്ധിക്കും മറ്റുള്ളവർക്കും പ്രയോജനമാവും സാർ ആവണം ഏ ഇത് അതിലും വലിയ വാർത്തയാണല്ലോ റിയലി തീർച്ചയായും സർ തീർച്ചയായും പിന്നെ സർ സന്തോഷമുണ്ടെന്നോ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അല്ല സാർ എന്റെ സാറിന്റെ സാറിന്റെ നല്ല മനസ്സ് അതെ സാർ ഇനി എനിക്ക് ഹാജി സാഹിബിന്റെ ആത്മാവിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കണ്ട ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാം I am really obliged to you sir. Thank you. Thank you a lot sir. Thank you. Huh? You didn't get it? You're coming. You're the only one who's in the house. You're the only one who's in the house. I've never been in the house. You're the only one. That's it. You're the only one who's in the house with Salim. What's your promotion? You're the only one. Oh, this is a job. Eddie, let's get a chance to get a promotion. പക്ഷേ സത്യത്തിൽ അതിനേക്കാളൊക്കെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഏഹ് ഇതിലും ഇന്ന് രാജ്ഭവനിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് വെച്ച് അന്ന് സറണ്ടർ ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ മേജർ കുറ്റകൃത്യങ്ങളിൽ ഒന്നും പെടാത്തവരുടെ തെറ്റി കേസുകൾ ഒക്കെ ഒഴിവാക്കി ഓരോരുത്തരുടെയും കാലിബറിനുസരിച്ച് അവരെ പാരാമിലിറ്ററി ഫോഴ്സിലെടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് റിക്വസ്റ്റ് അയയ്ക്കാൻ തീരുമാനിച്ചു അൻവറിന്റെ കാര്യം ഓനെന്തെ പറ്റി ഓനൊന്നും പറ്റിയിട്ടില്ല അവന്റെ കാര്യം പ്രത്യേക പരിഗണനയിലാണ് ആ അവനെ അവൻറെ ക്വാളിഫിക്കേഷൻസ് പരിഗണിച്ച് ഏതെങ്കിലും നല്ല ജോലി എടുക്കാൻ പോവുക അങ്ങത്തെ ആ രണ്ട് റെയ്ഡിന്റെയും ഫുൾ ക്രെഡിറ്റ് അവനാ ഗവർണർ അവന് ഒരു ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കാൻ പോവുകടച്ചോനെ ഒരു ലക്ഷം സമ്മാനോ എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ പിന്നെ കൊടുക്കണ്ടേ ഒരു ലക്ഷം പോരാന്നാ ഞാൻ പറയാ ഞാൻ അതേ പറഞ്ഞില്ലേ ഓ നല്ല ചക്കനാന്ന് അല്ല ഇതൊക്കെ കേട്ടപ്പോ മോളന്റെ ഓടിക്കളഞ്ഞത് നാണം കൊണ്ടാബ്ളന്റെ കാര്യം കേട്ടപ്പോ പെണ്ണിന് നാണായി ഏ അപ്പോ അതെന്നേ വലിയ പോലീസ് ഓഫീസറാ അതും മനസ്സിലായില്ല മോൾക്ക് സമ്മതാ ഇവിടെ പോയി നമ്മുടെ മക്കൾ അൻവർ എവിടെ പോയില്ലാരും എന്താടി നിങ്ങളുടെ മമ്മിയുടെ വക ഇന്നൊരു പാർട്ടിയുണ്ട് ിരിയാണി ചിക്കൻ ഫ്രൈ ഫലൂ എന്താ മമ്മി ശരി മറ്റോരോടും പറഞ്ഞേക്ക് അൻവറിനോടും താത്താനോടും അത് ഞാനേറ്റു പക്ഷേ അറുപിശുക്കത്തിയായ മമ്മി പാർട്ടി നടത്താനുള്ള കാരണം അതറിയാൻ ഞങ്ങക്ക് അവകാശമുണ്ട് അത് കൂടെ ഒന്ന് അറിയട്ടെ ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ മമ്മി ഭയങ്കര സന്തോഷത്തിലാ അത് തന്നെ കാരണം എന്റെ സന്തോഷം പറഞ്ഞാ അത് നിങ്ങളുടെ ഒക്കെ സന്തോഷം തന്നെയാ എന്റെ കെട്ടിയോന്റെയും മക്കളെയും വേറിട്ടിട്ട് എനിക്ക് മാത്രമായിട്ട് എന്ത് സന്തോഷാ ആ പക്ഷേ ഈ സന്തോഷത്തിന് പിന്നിൽ ചെറിയൊരു രഹസ്യമുണ്ട് അത് വേണ്ട അത് ഇന്ന് രാത്രി വാർത്താ സമ്മേളനത്തിൽ മമ്മി വെളിപ്പെടുത്തുന്നതായിരിക്കും അതുവരെ നമസ്കാരം ும்ோச நாடகம்மாபிக்க மூலி ரச்சன நரசிங் தேவ் ஜாம்பாள் ஹிந்தி பரிபாஷ ரமேஷ் மெத்த மலையாள விவரத்தனம் சத்யநாத் கதாபாத்திரங்களும் நன்வ சி டி கபீர் சாதிக் பி கே நிஷாந்த் சலீம் விஷன் நன்மண்ட டிஐஜி सुरेश शम्स रवि कमा सुर श्रीकेश्स हाफी बिन हसन तीव्रवाद प्रजी करमल रूह जी सुबु आईष दिव्यश्री मूर्खनुंड सैनांग मनोज कुमार गोपाल संविधान मैतु जोसफ सहय